അടിച്ച് ഏമ്പൊക്കവും വിട്ടിട്ട് അറിയാൻ ഒന്നുമില്ല അതിനശേഷം ഓർമ്മിക്കുകയല്ല അവിടെ വെച്ച് തന്നെ അറിയില്ല ഉണ്ട് ആത്മതത്വത്തിന് അറിയില്ല അഹംഭാവം പറയും ഉറങ്ങി കിടക്കുമ്പോഴും ആ അഹം ലയിച്ചു നിൽക്കുന്നുണ്ട് സമ്പ്രസാദനായിട്ടുണ്ട് അതിന്റെ ഏറ്റവും അഗ്രഹണത്തിന്റെ തലത്തിൽ അറിഞ്ഞതിനെ അന്യതാഗ്രഹണത്തിലേക്ക് വരുമ്പോൾ അന്യതാഗ്രഹണത്തെ വേറിട്ട് അങ്ങനെ ഒന്നറിഞ്ഞു എന്ന അനുഭവത്തിലാ പറയുന്നത് അഹം തരാം മാത്രല്ല സുഖസ്വരൂപ അവിടെ ഇപ്പോണ്ട് ഉറങ്ങാതെ വിവാകര തേജസ്സും അറിഞ്ഞു പോകിലും ജ്വലൻ വിലയിക്കലും ചരാകരനി പാരിവിളക്കുമേ ഭവാൻ എന്ന സ്വപ്നത്തിലും അത് ലയിക്കുന്നുവെന്ന് സുശിത്തിയിലും വിദ്യാനന്ദ തീർത്ഥവാദം അതുകൊണ്ട് സുശിദ്ധിയിൽ ലയിച്ചു നിൽപ്പണ്ടവിടെ ആ അജ്ഞാനമാണ് പിന്നെ ഉള്ളത് മറ്റേതിനേക്കാൾ സുഖം ലയിച്ചു എല്ലാം വരുന്നു ആ സുശിത്തി ഓരോ നിമിഷമുണ്ട് ഈ നമുക്ക് ഈ കുഴപ്പം നമ്മൾ ഈ ഉറക്കത്തിലെ ആ ആഗ്രഹണം മാത്രമേ അറിയുന്നുള്ളൂ ശിവരാമനൊരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഒരു സുശുദ്ധിയുണ്ട് ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് അതിൻ്റെ ഇടയിൽ ഒരു സുശൃത്തിയുണ്ട് ഒന്നുമില്ലായ്മ ഇല്ലായ്മ ആ വൃത്തിയില്ലായ്മയിൽ നിന്നാണ് ഈ വൃത്തി വരുന്നത് നമ്മുടെ ഓരോ വാക്കിലൂടെ അത് നോക്കിക്കാണിത് ക്ലിയറായിട്ട് മനസ്സിലാക്കുന്നത് അത് നോക്കി കണ്ടാൽ മനസ്സിലാവു നമുക്ക് പറ്റുന്ന കുഴപ്പമില്ല ഉദാഹരണത്തിനകത്ത് നമ്മൾ ഉറക്കത്തിലേക്ക് പോവുകയാണ് നമ്മുടെ ഓരോ നിമിഷവും ഉറക്കമുണ്ട് ഒരു സന്ധ്യുണ്ട് അതിൽ നിന്നാണ് അതിൽ നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം പൊന്തി അവിടെ അഹില്ല അത് ലയിച്ചു നിൽക്കുകയാണ് അതൊക്കെ കാണാം നമ്മുടെ ശക്തി ഇങ്ങനെ നിൽക്കുന്ന കാണാം അതൊരു ഊർജപ്രസരം പോലെ ക്ഷിപ്തങ്ങളാവും എറിഞ്ഞു പോകുന്നതന്നെയാണ് അത് തന്നെയാണ് എല്ലാം എല്ലാം സകല സ്വപ്നത്തിലെ തൈഗസന്റെ തൈഗസപ്രക്രിയ മുഴുവൻ തൈഗസില് നിന്ന് ഉണ്ടായവൻ അല്ലെങ്കിൽ പിന്നെ സ്വപ്നം കാണാൻ പറ്റുമല്ലോ പ്രകാശം കാണാൻ അവിടെ അത്രൈസ ദേവ സ്വപ്നം അനുഭവതി ദേശദിഗംബരനുഭൂതം പ്രത്യനുഭവത്തി ദൃഷ്ടം ച അദൃഷ്ടം ച സുതം ച അശ്വതം ച അനുഭൂതം ച അനുഭൂതം ച സത്ത അസത്ത് ച സർവം പശ്യവി സർവഹ പശ്യവി എന്ന പ്രശ്നം കണ്ടത് കാണുക കേട്ടത് കേൾക്കുക അനുഭവിച്ചത് അനുഭവിക്കുക കണ്ടതും കാണാത്തതും ചേർത്ത് കാണുക കേട്ടതും കേൾക്കാത്തതും ചേർത്ത് കേൾക്കുക അനുഭവിച്ചതും അനുഭവിക്കാത്തതും ചേർത്ത് അനുഭവിക്കുക ഇത് മുഴുവൻ എപ്പോഴാണ് സംഭവിക്കുന്നത് ഏ ഇന്ദ്രിയങ്ങൾ ഉപസംഹൃതങ്ങളായി മനസ്സ് തന്നെ വലതായിത്തീരുക എന്ന വിഭൂതിയെ കൈക്കൊണ്ട് ആണീ പഠിക്കുന്നത് അപ്പോഴും കാണാൻ പ്രകാശം വേണം മനസ്സിന് പ്രകാശമില്ല പ്രകാശസ്വരൂപമായ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ മനസ്സ് പ്രകാശിക്കുകയാണ് അത് കുറെ കൂടെ നല്ല രീതിയിൽ പറഞ്ഞാല് ആ മനസ്സാകുന്ന ചന്ദ്രൻ ആത്മാവാകുന്ന സൂര്യന്റെ പ്രകാശത്തെ ചന്ദ്രനിലടിപ്പിച്ച് മറുപടത്ത് സൂര്യൻ മറഞ്ഞ് കഴിഞ്ഞ് ചന്ദ്രനിലൂടെ വിഷയങ്ങളെ കാണുക അങ്ങനെയാണ് ഗഷ്ടി സപ്ത സമഷ്ടി സപ്തയിലേക്ക് നോക്കിയവർ ഭരിപ്പിക്കുന്നത് ആണെന്ന് ധരിക്കുന്നു അതുകൊണ്ട് പൂഷാവ് ഇവിടെയാണ് പ്രതിപ്രവർത്തിക്കുന്നത് നിർഭയത്വം അറിവുണ്ടായാൽ നിർഭയത്വമായി ഭയം ഉണ്ടാകുന്നതിന് കാരണം ഒന്ന് നമ്മളിൽ അജ്ഞാനം നിലനിൽക്കുമ്പോൾ അജ്ഞാനം നിലനിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ കാണുന്നത് കൊണ്ട് നമ്മളെപ്പോലെ തന്നെ ഉള്ള വിശാല ഒരു ദൈവത്തെ നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് അയാൾ കാണുന്നുണ്ട് അതാണ് ഭയത്തിൻ്റെ മൂല കാരണം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ തെറ്റുപറ്റുന്ന സമയത്ത് ഞാനത് കാണുന്നുണ്ട് തെറ്റ് മറ്റാർ കാണുന്നതും അല്ല പ്രശ്നം ഞാൻ കാണുന്നുണ്ട് എൻ്റെ കർമ്മങ്ങളിലെ തെറ്റും ശരിയും കാണുന്നവൻ ഞാനാണ് അപ്പോൾ എൻ്റെ പൂർവകാലാനുസൃതങ്ങളായ തെറ്റുകളുടെ സ്മരണകളാണ് എൻ്റെ ബോധം അപ്പം ഞാൻ കണ്ടെങ്കിൽ ഈ സമഷ്ടി മനസ്സ് മുഴുവൻ രൂപമെടുത്ത ഒരു സങ്കല്പം എൻ്റെ ഈ തെറ്റുകളെ കണ്ടിട്ടുണ്ട് അജ്ഞാന ദശയിൽ ഈ ലോകത്തിൻ്റെയും തെറ്റ് കാണുന്ന ഒരു ദൈവം എൻ്റെ ബോധമായി തീർന്ന അവിടെയുണ്ട് അയാൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഭയം പോവില്ല അയാളെയോ അജ്ഞാനം ഉള്ളിടത്തോളം കാലം ഇല്ലാതാക്കാനും പറ്റി അതുകൊണ്ടാണ് എല്ലാ തെറ്റുള്ളവരും അവസാനം ഈ പറഞ്ഞ സങ്കല്പമാകുന്ന ദൈവത്തിന്റെ കാൽപ്പാദത്തിലേക്ക് പേര് പറഞ്ഞെത്തുന്നത് അതിലൊരു വഴിയുള്ളൂ വാക്ക് പറഞ്ഞാൽ എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രമേ ഞാൻ ചെയ്തു എന്ന് പറയുന്നവനു മാത്രമേ ധർമ്മ ജിജ്ഞാസമാനനായ ഒരുവന് മാത്രമേ നിർഭയത്തുണ്ടാവൂ അവന് മാത്രമേ ആത്മസാമ്രാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റൂപ്പം മുതലേ പഠിച്ചു കൊടുക്കാം ഇന്നു മതി ഇന്നലെ വരെയുള്ളതൊന്നും പ്രശ്നമല്ല എന്റെ അനുമതി തരാത്ത ഒന്നും ഞാൻ ചെയ്യില്ല തല പോയാലും തല പോയാൽ വേറെ തലയുമെന്ന് വരും ഞാൻ എന്റെ പണി ഇവിടെ തീരുന്ന കാര്യം വാ സാധേയം ദേഹം വാ പാതം അതിനാണ് ധൈര്യം സ്ഥൈര്യം എന്നൊക്കെ പറയുന്നത് നിർഭയനല്ലാത്തവനൊരിക്കലും ആത്മവിദ്യ കടന്നില്ല സ്വാധീ എന്നുള്ളതാണ് ഉപനിഷത്തിൻ്റെ ആദ്യത്തെ ശബ്ദം തന്നെ ഭയപ്പെടരുത് ദ്രഷ്ടവ്യവും സ്വാതവ്യവും മന്ധവ്യവുമായ ഉപനിഷന്ദേശങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ ബലവാനായിരിക്കണം ന്യായമാത്മാ ബലഹീനേനെ ലഭ്യം നല്ല ധൈര്യം വേണം മനസ്സിലായി ഭയത്തിൻ്റെ ഹേതു നമ്മുടെ തെറ്റാണ് തെറ്റും ശരിയും നമ്മുടെ മനസ്സാണ് നിശ്ചയിക്കുന്നത് നമുക്കറിയാം നമുക്കും സമാജത്തിനും ചേരാത്തത് നമുക്കറിയാം അത് വരുമ്പോഴേ തീരുമാനിച്ചോണം ഇത് ചെയ്തുകൂടാ അരുത് എന്ന് അകത്തു നിൾവിളി വന്നാൽ പിന്നത് ചെയ്യരുത് എന്ത് ലഭിച്ചാലും ചെയ്യരുത് വേണം എന്ന് പ്രാരബ്ധശല്യം തീരുമാനിച്ചതാണെങ്കിൽ പരസ്യമായി തന്നെ ചെയ്തു തരുക ആര് പറഞ്ഞാലും പുതിയ വരെ എവിടെ അകത്തോട്ട് നോക്കുക അകത്തേക്ക് മാത്രം നോക്കുക അനാഹതമായൊരു ധ്വനി കേൾക്കും അകത്ത് കത്തിച്ചു വെച്ചൊരു വിളക്കുണ്ട് അന്ധക്കരണം എന്ന പേരിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ട് അയ്യൻ പുലയ്യനിലുണ്ട് അതിൻ പ്രതിസ്ഫുരണം ഉള്ളിലെ അകത്ത് കത്തുന്ന തിരിതാൻ കത്തുവത് അന്ധക്കരണാഖ്യം എന്ന് പ്രേമസംഗീതത്തിൽ ഉള്ളൂർ പറയും പ്രേമസംഗീതം വായിച്ചിട്ടുണ്ടോ ഇല്ല കേട്ടിട്ടില്ല ഉള്ളൂരിന്റെ പ്രസിദ്ധമായൊരു കഥയുണ്ട് പ്രേമസംഗീതം ഒരൊറ്റ മതം കൊണ്ടുലകുന്ന പ്രേമത ഒന്നല്ലോ പരക്കനമ്മേ പാലമൃദിട്ടും പാർവണ ശശിബിംബം ഭക്തി അനുരാഗ ദയാദി വഹുസ്സ പരത്മചൈതന്യം പലമട്ടേന്തി പാരിനെങ്ങും പ്രകാശമരുളുന്നു അതിനൊരലിയം നാസ്തിക്കം തൻ ദേശം തമസാമതിലടിപെട്ടാൽ അകാലമൃത്യു ഫലം പറഞ്ഞ അവസാനം പറയും വേഷമെനിക്ക് എന്തെന്ന് വിചിപ്പത് ഇത് ഭവചിട്ടം വിശ്വപ്രിയമായി നടനം ചെയ്തത് വിധേയനൻ കൃത്യം അല്ലെങ്കിൽ അയ്യൻപിളയനിലും ആഴ്വാഞ്ചേരി തമ്പുറാനിലുമെല്ലാം അന്ധക്കരണമെന്ന പേരിൽ ഒരു തിരികെത്തുന്നുണ്ട് ആ വെളിച്ചത്തിൽ നോക്കണം ഒരു ചെയ്തിട്ട് ചെയ്യണം ഒരു പേടിയുണ്ടാരെയും പേടിക്കേണ്ട തൻ്റെ ഇടമായി ഒന്നും സംഭവിക്കുകയില്ല അന്ധക്കരണം പറഞ്ഞോ രണ്ടാമത് ആരോടും ചോദിക്കണ്ട അത് ധർമ്മമാണെന്ന് മണ്ണു പറയും ധർമ്മലക്ഷണം പറയുമ്പോൾ വേദ വേദം ധർമ്മലക്ഷണമാണ് സ്മൃതി ധർമ്മമാണ് വേദസ്മൃതി സദാചാര സത്തുക്കളുടെ ആചാരം എല്ലാം ധർമ്മമാണ് ഇത് മൂന്നും പഠിക്കാൻ എളുപ്പമൊന്നുമല്ല വേദം മൂലം പഠിച്ചിട്ട് വല്ലതും പഠി ചെയ്യാൻ പറ്റുമോ കാലത്ത് പണ്ടെ ആറ് വഹിച്ച് വേദം പഠിപ്പിക്കുവായിരുന്നു അന്ന് പഠിച്ചവന് ചെയ്യാം ഇന്ന് വേദം വേദികളുടെ കുടുംബങ്ങളിൽ പോലും പഠിപ്പിക്കുന്നില്ല കാരണം പഠിപ്പിച്ചാൽ നാല് കാശുണ്ടാവില്ല കാശ് കിട്ടുമായിരുന്നു ഇനി പഠിപ്പിച്ചാൻ പണ്ടങ്ങനല്ല ഇത് കാശിനല്ല ധർമ്മം അറിഞ്ഞ് ജീവിക്കാനാണ് അപ്പം അന്ന് വേദം പഠിപ്പിച്ചു ഇന്ന് വേദം പഠിച്ചവർ വളരെ പ്രായം ചെന്നവരേ ഉള്ളൂ ചെറുപ്പക്കാർക്ക് പഠിക്കാനൊന്നും അവസരമൊന്നുമില്ല ഉണ്ടാവും പല പുസ്തകമൊക്കെ എടുത്തുവെച്ച് തന്നെത്താൻ വ്യാഖ്യാനിച്ച് തന്നെത്താൻ പഠിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ ശിക്ഷാശാസ്ത്രമൊന്നും ഉണ്ടാവില്ല അതിൻ്റെ അറിവും ശരിയാവില്ല വേദം അവിടെ അജം എന്ന് ആടന്നൊക്കെ പഠിക്കും എനിക്കാത്തതെന്നുള്ളതിനെ ഉപകരണം ബ്രഹ്മം അജമാണ് കണ്ടില്ലേ ഹിന്ദുക്കളുടെ ബ്രഹ്മം ആടാണെന്ന് പറഞ്ഞിരിക്കുന്നു ഇടമൃഗ് അജശബ്ദത്തിന് ആടെന്ന് മാത്രമേ അർത്ഥമുള്ളൂ ഇങ്ങനത്തെ ചെറിയ പറ്റും അപ്പം അതുകൊണ്ട് വേദം പഠിക്കാൻ വർത്തിയില്ല സ്മൃതികൾ മുഴുവൻ വായിച്ചു പഠിക്കാൻ നിർത്തിയില്ല ആജ്ഞവൽക്കിയ സ്മൃതി നാരദസ്മൃതി ആ പരാശര സ്മൃതി ഇങ്ങനെ ഒരുപാടുണ്ട് പഠിക്കണം സത്തുക്കളുടെ ആചാരം സജ്ജനങ്ങളെ കണ്ടുമുട്ടിയാലല്ലേ ആചാരം അറിയാൻ പറ്റുള്ളൂ ഒരുതിനെ കണ്ട സത്താണോ അസത്താണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമോ ഈ സദസത്വ ലക്ഷണമായ മായ പ്രവർത്തിക്കുമ്പോ അപ്പൊ അത്